നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവയെക്കൊണ്ട് അവനെ ഉയർത്തുമായിരുന്നു എന്നാൽ അവൻ ഭൂമിയിലേക്ക് താഴ്ന്നുപോവുകയും സ്വന്തം ഇച്ഛയെ പിന്തുടരുകയും ചെയ്തു അതിനാൽ അവൻറെ ഉദാഹരണം ഒരു നായയുടേതു നീ അതിനെ ഓടിച്ചാലും അതുക്കിതയ്ക്കും നീ അതിനെ വിട്ടാലും അതുക്കിതയ്ക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച ജനങ്ങളുടെ ഉദാഹരണം അപ്രകാരമാണ് അതിനാൽ നിങ്ങൾ ചരിത്രങ്ങൾ വിവരിക്കുക അവർ ചിന്തിച്ചേക്കാം